നമ്മൾ അവരുടെ അടുക്കലേക്ക് മലക്കുകളെ ഇറക്കുകയും മരിച്ചവർ അവരോട് സംസാരിക്കുകയും എല്ലാ വസ്തുക്കളെയും അവർക്കു മുന്നിൽ ഒരുമിച്ചു കൂട്ടുകയും ചെയ്തിരുന്നെങ്കിൽ പോലും അള്ളാഹുസുബാനഹുവ ചായാല ഉദ്ദേശിച്ചില്ലെങ്കിൽ അവർ വിശ്വസിക്കുമായിരുന്നില്ല എന്നാൽ അവരിൽ ഭൂരിഭാഗവും അജ്ഞരാണ്